اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم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 الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون സഹോദരിമാരെ വിശ്വാസിനികളും വിശദമായി പ്രതിപാദിക്കേണ്ടുന്ന ഒരു വിഷയത്തിന് തുടക്കം കുറിക്കാനും ആ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും സംബന്ധിച്ചും വിശദമായി തന്നെ നിങ്ങളെ കേൾപ്പിക്കാനും ഇന്ന് ഒരു പുതിയ വിഷയം ആരംഭിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ടതും അതോടനുബന്ധമായി മുസ്ലിമീങ്ങൾക്കുള്ള കടപ്പാടുകളെ സംബന്ധിച്ചും മര്യാദകളെ സംബന്ധിച്ചും അല്പം വിശദമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് മുസ്ലിമിന്റെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ചും രോഗം വന്നുകഴിഞ്ഞാൽ ഇസ്ലാം അതിന് നൽകുന്ന മാർഗദർശനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും അതോടനുബന്ധമായിട്ടുള്ള ധാരാളം വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഈ വിഷയത്തിൽ നിന്ന് മുസ്ലിംങ്ങൾക്കിടയിൽ വളരെയധികം തെറ്റിദ്ധാരണകളും സംശയങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലം അതുപോലെ തന്നെ ഒരു മുസ്ലിം മരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഇസ്ലാമികമായി താൻ മനുഷ്യനോട് എന്തൊക്കെ കടമകൾ ചെയ്യാനുണ്ട് എന്നറിയാത്തതിൻ്റെ പേരിൽ ആ രംഗത്ത് വിട്ടുനിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ സംബന്ധിച്ചും കർമ്മങ്ങളെ സംബന്ധിച്ചും വിവരമില്ലായ്മ നിമിത്തം പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് കുന്നത്തുകൾ ആ വിഷയത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യാൻ കാരണമായി തീരുന്നുണ്ട് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയവും കഫം ചെയ്യുന്ന വിഷയവും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വളർന്നുവരുന്ന മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഈ വിഷയത്തെ സംബന്ധിച്ച് അറിവില്ലാത്തവരും അതിനോടടുക്കാൻ ധൈര്യക്കുറവ് കാരണത്താൽ മാറി നിൽക്കുന്നവരുമാണ് ഈ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം വരാൻ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഗാഠമായി തന്നെ പഠിക്കുകയും അതാത് മേഖലകളിൽ ധൈര്യസമേതം കാര്യങ്ങൾ നേരിടുകയും ചെയ്യുവാൻ ഉപകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഈ വിശാലമായ വിഷയത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നത് പരിശുദ്ധ കുർത്താനിൽ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിന്റെ തിരുചര്യകളിൽ വളരെയധികം വിശദമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് മരണവും അതോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും മനുഷ്യൻ ഈ ഭൂമുഖത്തി എന്നും ആരോഗ്യത്തോടുകൂടെ തന്നെ ജീവിക്കുന്നവനല്ല മനുഷ്യനായാൽ രോഗമുള്ള സാഹചര്യവും ഉണ്ടാകും ആരോഗ്യമുള്ള സാഹചര്യവും ഉണ്ടാകും എന്നും ആരോഗ്യവാനായി തന്നെ കഴിയുക എന്നുള്ളത് മനുഷ്യപ്രകൃതിയല്ല എന്തെങ്കിലുമായി അസുഖങ്ങൾ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കും അള്ളാഹു നിശ്ചയിച്ചതാണത് എന്തിനു വേണ്ടിയാണ് മനുഷ്യരിൽ അള്ളാഹു രോഗങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ ദുർബലത മനുഷ്യനെ പഠിപ്പിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഞാനെല്ലാം തികഞ്ഞവനാണ് എനിക്കൊരു പോരായ്മയുമില്ല എന്ന നാട്യവും മഹന്തയും മനുഷ്യനെ ധിക്കാരത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കിയ നാഥൻ മനുഷ്യന്റെ ദുർബലതാവിനെ പഠിപ്പിക്കുകയാണ് ഏത് ധിക്കാരിക്കും ഒരൽപ്പം പ്രയാസപ്പെട്ടസുഖം പിടിച്ചാൽ മനസ്സ് തളരാതിരിക്കാറില്ല മനുഷ്യന്റെ ദുർബലത അവന്റെ കഴിവുകേട് അവനെ ബോധ്യപ്പെടുത്തുകയാണ് രോഗങ്ങളിലൂടെ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മനുഷ്യന്റെ ക്ഷമയും അള്ളാഹു പരിശോധിക്കുകയാണ് എത്രമാത്രം അവന് ക്ഷമിക്കുവാനും സഹിക്കുവാനും പടച്ചിതം തീരുമാനങ്ങൾക്ക് കീഴതുങ്ങുവാനും എത്രമാത്രം അവന് ശേഷിയുണ്ട് എന്ന പരിശോധന കൂടി പരീക്ഷണം കൂടിയായിട്ടാണ് രോഗങ്ങൾ പടച്ചിതം നൽകിക്കൊണ്ടിരിക്കുന്നത് ചില അവസരങ്ങളിൽ ശിക്ഷയായും രോഗങ്ങൾ വരാറുണ്ട് പരിശുദ്ധ ഖുർഹാനിൽ അതേപോലെ തന്നെ പ്രവാചകൻ സലഹ് അലഹി വസ്ല്ലമിന്റെ ധാരാളം ഷജീസുകളിൽ ധിക്കാരവും തെങ്ങാടിത്തവും നിമിത്തം വിവിധങ്ങളായ താക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ മാറാവ്യാധികളും കൊണ്ട് ചരിത്രവും ശിക്ഷിക്കുമെന്ന പ്രവചനവും തെളിവുകളിൽ പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഈ ലോകത്ത് നല്ലവരായ മനുഷ്യർക്ക് പോലും അസുഖങ്ങളും രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല മഹാൻമാരായ പ്രവാചകന്മാർക്ക് പോലും അസുഖങ്ങളും രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ കുർത്താനും ഇസ്ലാമിക ചരിത്രവും നമ്മെ പഠിപ്പിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ രോഗബാധിതനാകുന്ന മനുഷ്യൻ ഇസ്ലാം അവന് നൽകുന്ന ചില പ്രത്യേകമായ നിർദ്ദേശങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രോഗം വന്നു ചികിത്സിക്കുന്നതിന്റെ മുമ്പ് രോഗം വരാതിരിക്കുവാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന് ഇന്നത്തെ വൈദ്യശാസ്ത്രം പ്രഖ്യാപിക്കുന്ന തത്വം ഇസ്ലാം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ മനുഷ്യനോട് പറഞ്ഞതാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് രോഗം വരാതിരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള തത്വത്തിന് ഇസ്ലാം ഊന്നൽ നൽകിയെന്നർത്ഥം ഇസ്ലാമിന്റെ നിയമങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനും വേണ്ട എന്തെന്ത് നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വൃത്തിയില്ലാത്ത മതമാണ് ഇസ്ലാമെന്ന് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാത്ത പലരും പറയാറുണ്ട് ഒരു നമ്മുടെ മലബാടിലുള്ള ഇസ്ലാമിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകൾ കളിയാത്തുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ട് മുസ്ലിങ്ങൾ വൃത്തിയില്ലാത്ത മതക്കാരാണ് പലപ്പോഴും ഇസ്ലാമിക തിട്ടയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അവർ വൃത്തിശീലിച്ചില്ല എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശത്രുക്കൾ അതൊരായുധമായി എടുത്തു പറഞ്ഞത് എന്നാൽ ഇസ്ലാമിനെപ്പറ്റി പഠിക്കുന്നൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വൃത്തിക്ക് വേണ്ട പ്രോത്സാഹനം നൽകിയ മതം ഇസ്ലാമാണെന്ന് സമ്മതിക്കാതിരിക്കാൻ അവന് തരമില്ല പരിശുദ്ധ കുർത്താൻ പറയുന്നു ആത്മീയമായി ഉള്ളു ശുദ്ധിയായവരെയും ഇഷ്ടപ്പെടുന്നു വയഷിദ് മുത്തീൻ പുറം ശുദ്ധിയായവരെയും പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്നു രണ്ട് ശുദ്ധിയാണ് മനുഷ്യൻ അത്യാവശ്യം ഒന്നവന്റെ അകം ശുദ്ധിയാവണം മനസ്സ് നന്നാവണം മനസ്സിലെ എല്ലാ മാനസികമായ അസുഖങ്ങളെയും രോഗങ്ങളെയും നശിപ്പിക്കുവാൻ പടച്ചതം നൽകുന്ന മൂല്യ മൂലികയാണ് ഒറ്റമൂലിയാണ് സൗഭായ എന്നുള്ളത് അങ്ങനെ കറകളഞ്ഞ പശ്ചാത്താപത്തിലൂടെ മനസ്സുകൾ ശുദ്ധീകരിക്കുന്നവരെ പടച്ചിടം പുരാനിഷ്ടമാണ് അതേപോലെ തന്നെ വഹിബുൽ മുത്തബിൻ ബാഹ്യമായി ശുദ്ധി നേടുന്ന ആളുകളെയും വൃത്തിയിൽ ആളുകളെയും പടച്ചിടം പുരാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അതേപോലെ തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ശുദ്ധിയെ പ്രവാചകൻ സല്ലാഹു അലൈസ് എല്ലാം പരിചയപ്പെടുത്തിയത് അത്തഹൂർ ശത്രു ഈമാൻ എന്നാണ് ശുദ്ധി അതല്ലെങ്കിൽ വൃത്തി ഈമാനിന്റെ പാതിയാകുന്നു എന്നാണ് അഷറഫ് അൽഹുസലാഹു അലൈവല്ലം നമ്മെ അറിയിച്ചത് നോക്കൂ നിങ്ങൾ ഇസ്ലാം വൃത്തി ഉണ്ടാക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ച ഒരുപാട് നിയമങ്ങൾ നിർബന്ധമായ ഒരു മുസ്ലിം അഞ്ചു നമസ്കരിക്കണം അഞ്ചുനേരം നമസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല ഇസ്ലാമിന്റെ ഗണത്തിൽ അവന്റെ സ്ഥാനമില്ല വേറെ എന്ത് കർമ്മങ്ങൾ ചെയ്താലും അവൻ ആരായിരുന്നാലും എത്ര സ്ഥാനമുള്ളവനായിരുന്നാലും കൃത്യമായി നമസ്കരിക്കാത്തവൻ പടച്ചറബിന്റെ അടുക്കൽ മുസൽമാനല്ല ആ കൃത്യമായ ആരാധനയായ നമസ്കാരത്തിന്റെ നിബന്ധന തന്നെ വടച്ചവൻ വെച്ചിട്ടുള്ളത് ശുദ്ധിയാണ് നമസ്കരിക്കണമെങ്കിൽ ശുദ്ധി വേണം വൃത്തി വേണം നമസ്കാരത്തിന്റെ താക്കോലായി അതിന്റെ താക്കോലായി പരിചയപ്പെടുത്തിയത് ശുദ്ധിയെയാണ് പ്രവാചകൻ പറഞ്ഞു അത്തൂർ നമസ്കാരത്തിന്റെ താക്കോൽ നമസ്കാരത്തിന്റെ ചാവി അത്തഹൂർ ശുദ്ധിയാകുമോ വൃത്തിയാകുമോ എന്ന് അഞ്ചു നേരം അങ്ങനെ തന്നെ ചെയ്യണം അതേപോലെ തന്നെ ഒരു മുസ്ലിം രാവിലെ എഴുന്നേറ്റാൽ ഉറങ്ങി എഴുന്നേറ്റാൽ അവന്റെ കൈ ശുദ്ധജലത്തിൽ ആദ്യം തന്നെ കൊണ്ടുപോയി മുക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു കൈ കഴുകിയ ശേഷം പുറമേക്ക് വെള്ളം ചൊരിച്ച് കൈ മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ ശുദ്ധജലം നിറച്ച പാത്രത്തിൽ നിന്റെ കൈ ഇടാവൂ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈസ് നിർദ്ദേശിച്ചു നബി പറഞ്ഞു നീ അറിയാതെ നിന്റെ കൈകളിൽ എന്തെല്ലാം മാലിന്യങ്ങളാണ് നീ ഉറങ്ങുന്ന സമയത്ത് പറ്റി പിടിച്ചത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്തരം അണുക്കളെ മാലിന്യങ്ങളെ നീക്കം ചെയ്തതിന്റെ ശേഷം കൈ ശുദ്ധിയാക്കിയതിന്റെ ശേഷമേ ശുദ്ധജലത്തിലേക്ക് നിന്റെ കൈ നീ പ്രവേശിപ്പിക്കാവൂ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈസല്ലം പറഞ്ഞതിന്റെ പിന്നിലും ഇസ്ലാം വൃത്തിക്കും ശുദ്ധിക്കും നൽകുന്ന പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ മുസ്ലിം കുളിക്കണം നിർബന്ധമായി കുളിക്കേണ്ട അവസരങ്ങളുണ്ട് തുന്നത്തായി കുളിക്കാൻ പുണ്യകർമ്മമായി നിർദ്ദേശിച്ച അവസരങ്ങളുണ്ട് സ്ത്രീപുരുഷ ലൈംഗികബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമായും കുളിച്ചിരിക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് അതേപോലെ തന്നെ ജുമാക്ക് വരുന്ന സ്ത്രീ പുരുഷന്മാർ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ജുമാക്ക് പങ്കെടുക്കുന്നുവെങ്കിൽ പള്ളിയിൽ പോകുന്നുവെങ്കിൽ കുളിക്കണം എന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി ഇസ്ലാമിലാഘോഷവേളകളിൽ പെരുന്നാൾ ദിവസങ്ങളിൽ കുളിക്കുന്നത് പ്രത്യേകം തുന്നത്താക്കളിക്കുന്നത് വെറും വൃത്തിയുടെ കാര്യത്തിന് മാത്രമല്ല ഒരു പുണ്യകർമ്മമായി കുളിച്ചാൽ നാളെ പരലോകത്തത് തനിക്ക് നന്മയായി എഴുതപ്പെടുമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ ശാരീരികമായ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം അവന്റെ വായവൃത്തിയാക്കുക എന്നുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രം തലകുലിക്ക് സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യം മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളും അവന്റെ വായയിൽ നിന്നുണ്ടാകുന്നതാണ് വായ വിവാൻ പല്ലുവൃത്തിയാക്കുവാൻ നാവൂർത്തിയാക്കുവാൻ ഇസ്ലാം വളരെ കാര്യമായി തന്നെ മനുഷ്യനെ പ്രോത്സാഹിപ്പിച്ചു പ്രവാചകൻ എന്താണ് പറഞ്ഞത് ലൗലി അവർ എന്റെ സമൂഹത്തിന്റെ ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നുസ്കാരത്തിന്റെയും ഉടനെ എല്ലാ നുസ്കാരത്തിന്റെയും മുളവ് അവസരത്തിൽ നിർബന്ധമായും ദന്തശുദ്ധീകരണം വരുത്തണമെന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു നിർബന്ധമല്ലെങ്കിലും ഉതവെടുക്കുന്നതിന്റെ മുമ്പ് പല്ലുകൾ വൃത്തിയാക്കുക വായ വൃത്തിയാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും നല്ല ഒരു പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ വളരാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അതേപോലെ തന്നെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന രോഗാണുക്കൾ കുമിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുടികളും രോമങ്ങളും നീക്കം ചെയ്യുവാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതിന്റെ പിന്നിലും അത് പ്രവാചകരുടെ ചരിയാണെന്നും പ്രകൃതി അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണെന്നും മനുഷ്യനെ ബോധ്യപ്പെടുത്തിയ മതം ഇസ്ലാം മാത്രമാണ് അതേപോലെ തന്നെ ലൈംഗിക രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സൂക്ഷ്മതയുണ്ടാക്കുവാനും പുരുഷന്മാർക്ക് ശേലാകർമ്മം നിശ്ചയിച്ചതും ഇസ്ലാമാണ് ഇങ്ങനെ മാലിന്യങ്ങളിൽ നിന്ന് മനുഷ്യനെ ശുദ്ധിയാകുവാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം രോഗങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് കടന്നുകൂടാതിരിക്കാൻ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ എല്ലാം നമുക്ക് അറിയിച്ചു അതേപോലെ തന്നെ രക്തം ഇസ്ലാം നിഷിദ്ധമാക്കി മലം മൂത്രം അതേപോലെ ചർദ്ദിച്ചത് ശവം പോലെയുള്ള എല്ലാ വസ്തുക്കളും മാലിന്യങ്ങളുടെ പട്ടികയിൽ പെടുത്തുകയും അവയിൽ നിന്നെല്ലാം വൃത്തി നേടുന്നതിന്റെയും പ്രാധാന്യങ്ങൾ പേജുകളോളം നമുക്ക് എഴുതാവുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈ വല്ലാമിന്റെ വാക്യങ്ങളിൽ നിറഞ്ഞുകിടക്കുകയാണ് നമസ്കരിക്കുന്ന മുസ്ലിം അവന്റെ ഡ്രസ്സുകൾ ശുദ്ധിയാകൽ നിർബന്ധമാണ് നമസ്കരിക്കുന്ന സ്ഥലം വൃത്തിയായിരിക്കൽ നിർബന്ധമാണ് ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല പരിശുദ്ധ കുർആാൻ പറഞ്ഞു നിന്റെ വസ്ത്രം നീ ശുദ്ധിയാക്കിയിരിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞു മലമൂത്ര വിസർജന മേളകളിൽ സ്വീകരിക്കേണ്ടുന്ന ഒരുപാട് മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചു അതൊന്നും ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും അറിഞ്ഞുകൂടാ പല മുസ്ലിമീങ്ങളും അതിനെ സംബന്ധിച്ച് ബോധവാങ്മാരല്ല ഇനി അറിയുന്നവർക്ക് തന്നെ അതിനെ സംബന്ധിച്ച് അത് നടപ്പിൽ വരുത്തുന്ന കാര്യത്തിൽ അവരത്ര ശ്രദ്ധാലുക്കളുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിസർജന മര്യാദകളിൽ പല കാര്യങ്ങളും ഇസ്ലാം പറഞ്ഞു ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പൊതുസ്ഥലങ്ങളിൽ ആവശ്യ നിർവഹണത്തിന് നാം പോകരുത് എന്നുള്ളത് മലമൂത്ര വിസർജനം നടത്തുവാൻ സ്വകാര്യ സ്ഥലങ്ങളല്ലാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേന്ദ്രങ്ങളിൽ ജനങ്ങൾ നടന്നു വഴികളിൽ ആളുകൾ വിശ്രമിക്കാനിരിക്കുന്ന മരത്തണലുകളിൽ ബസ് സ്റ്റോപ്പുകൾക്ക് പിന്നിലും മുന്നിലും അതേപോലെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ദുർഗന്ധം ഒഹിപ്പിക്കാൻ പൊതുവഴികളിലൂടെ മലമൂത്ര വിസർജനം നിർവഹിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാം പറഞ്ഞു അത് രോഗം പകർത്തുവാനുള്ള മാധ്യമങ്ങളാണ് രോഗത്തിന്റെ കേന്ദ്രങ്ങൾ എവിടെ നിന്നായിരിക്കും അത് വൃത്തിയെ നിഷേധിക്കുന്ന കാര്യങ്ങളാണ് പ്രവാചകൻ ശാപവാശമാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് اتق الملائنه الثلاثه البراز في المدارس وقارئه الطريق والظل رواجهن പറയുന്നു ശബിക്കപ്പെടുന്ന മൂന്ന് കാര്യങ്ങളെ നിങ്ങളെ സൂചിക്കണം ഷാബത്തി ഹേദവാകും നമ്മൾ അങ്ങനെ ചെയ്താൽ ലഅനത്തു എന്ന് പറഞ്ഞാൽ ശബികുക എന്നുള്ളതാണ് വടകരമ്പുരാൻറെ രഹമത്തിൽ എന്നുള്ള അകൽത്തെയാണ് ഷാബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളാണ് പ്രവാചകൻ പറഞ്ഞയത് അൽ ബിറാസ് ഫിൽ മവാരിദ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നാം മലമൂത്ര വിസർജനം നടത്തരുത് എന്ന് വ കാര്യത്തെ തരീ വഴിക്കവലകളിൽ ജനങ്ങൾ ഒരുമിച്ചുകൂടുന്ന ജനങ്ങൾ സ്ഥലങ്ങളിൽ കവലകളിൽ മലമൂത്ര നിർവഹിക്കരുത് വ തണലുകളിലും അതേപോലെ തന്നെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾക്ക് ചുവടിൽ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ പോകരുത് എന്നും ചില വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയെല്ലാം മനുഷ്യന്റെ ഭാക്യമായ വൃത്തിക്ക് വേണ്ട ശുദ്ധിയും വൃത്തിയും മുറുകെ പിടിക്കാൻ വേണ്ട ഏതൊക്കെ നിർദ്ദേശങ്ങളുണ്ടോ ഇസ്ലാം നൽകി എന്തിനു മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിച്ചു നിർത്താൻ തന്നെ അതേപോലെ തന്നെ ആഹാരപാനീയങ്ങളിൽ ഭക്ഷണ കാര്യങ്ങളിൽ ഇസ്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കണ്ടതെല്ലാം വാരിവലിച്ച് വിഴുങ്ങുന്ന പ്രകൃതമായിരിക്കരുത് മുസൽമാൻ്റെ എന്ന് ഇസ്ലാം കണിഷ്ഠമായും പഠിപ്പിക്കുകയാണ് ഖുർആൻ പറയുന്നു ിംഗ് നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷിക്ക നല്ലത് മാത്രമേ ഭക്ഷിക്കാവൂ ഭക്ഷിക്കാവൂ ഭക്ഷിക്കാവൂ രണ്ട് കാര്യങ്ങളാണ് പടച്ചവൻ ഭക്ഷണ കാര്യത്തിൽ പറഞ്ഞത് കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഹലാലായതാണോ എന്ന് നോക്കണം മറ്റൊന്നും നല്ലതായിരിക്കണം ചീത്ത വസ്തുക്കൾ ഭക്ഷിച്ചുകൂടാ ദ്യം അതേപോലെ തന്നെ രക്തം ശവം പന്നിമാംസം അതേപോലെയുള്ള എല്ലാ ധികൃഷ്ടങ്ങളായ വസ്തുക്കളെയും ഇസ്ലാം നിരോധിക്കുകയാണ് എന്തുകൊണ്ട് മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിനും പഠിച്ചം വരാന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടാൻ തയ്യാറാണോ എന്ന പരീക്ഷണത്തിനും കൂടിയാണ് ഇസ്ലാം നിയമങ്ങൾ വെച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന്റെ മുമ്പ് മനുഷ്യന്റെ കൈകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് രണ്ട് കൈകളും കഴുകി വൃത്തിയാക്കണമെന്ന് പ്രവാ ജഗൻ സല്ലാ നിർദ്ദേശിച്ചു ആ വിഷയത്തിൽ വരെ ഇസ്ലാമിന് നിയമമുണ്ട് അതിന്ന് ഈ സമൂഹത്തിൽ പല അറിയാമെങ്കിലും വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ പലരും അവർ പരിശീലിപ്പിക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കുട്ടികളെ നഖം വളരാതെ അവരെ വൃത്തിയായി കൊണ്ടു ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് രണ്ട് കൈകളും കഴുകിക്കുവാനും പരിശീലിപ്പിക്കുന്ന സമ്പ്രദായം നമ്മുടെ ഇടയിൽ നാം വളർത്തിയുണ്ടാക്കേണ്ടതാണ് അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന്റെ മേഖലയിൽ ഇസ്ലാം പറഞ്ഞു ചൂടുള്ള ഭക്ഷണത്തിൽ നീ ഉടികുന്ന വെള്ളത്തിൽ ഊതരുത് അതിലേക്ക് ഇങ്ങനെ ശ്വാസം വിട്ടുകൊണ്ടിരിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു ഒറ്റ വെള്ളം കുടിച്ചു തീർക്കരുത് കുടിക്കുമ്പോൾ പ്രവാചകൻ കാണയൻ മൂന്ന് പ്രാവശ്യം ശ്വാസം വിട്ട് നിർത്തി നിർത്തിക്കൊണ്ടായിരുന്നു വെള്ളം കുടിച്ചിരുന്നത് ദാഹം വന്നാൽ ഒരറ്റക്കൂപ്പി വെള്ളം ഒരു ബോട്ടിൽ വെള്ളം ഒരു വലിയ ഗ്ലാസ് നിറയെ വെള്ളം കുടുകുട അങ്ങോട്ട് വലിച്ചു തീർക്കുന്ന നമ്മൾ പ്രഭാ ജഗൻ സല്ലാഹു അലൈവല്ലമിന്റെ ഈ നിർദ്ദേശത്തെ നമ്മൾ കേൾക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് എവിധിനുമേനി പറയുന്നത് വെള്ളം കുടിക്കുമ്പോൾ നിർത്തി നിർത്തി വേണം കുടിക്കാൻ ഒട്ടകം ദാഹിച്ച ഒട്ടകം കുടുകിടാ കുടിക്കുന്നത് പോലെ നിങ്ങൾ ആർത്തിയോടുകൂടെ വലിച്ചു കുടിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞത് അങ്ങനെ ഒന്നിച്ചു കുടിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെന്തൊക്കെയാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തെ അറിയാവുന്ന ഡോക്ടർമാർക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ ആ വിഷയം പറയുന്നില്ല അതിൽ ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും വൈദ്യശാസ്ത്രം പറയുന്നു പക്ഷേ ഇസ്ലാം അത് കാലയെ തന്നെ മനസ്സിലാക്കി പറഞ്ഞു ഒറ്റ കുടിക്കരുത് രണ്ടു മൂന്ന് പ്രാവശ്യം ശ്വാസം വിട്ടു വേണം കുടിക്കാൻ അതേപോലെ തന്നെ കുടിക്കുന്ന പാനീയത്തിൽ ഊതരുത് എന്ന് ഇസ്ലാം പറഞ്ഞു ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിൽ ഊതിക്കഴിക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് നമുക്കുമുണ്ടാ സമ്പ്രദായം ചൂടുള്ളതാണെങ്കിൽ നമ്മൾ ധൃതിപ്പെട്ട് കഴിക്കുമ്പോൾ ഊതിക്കഴിക്കും ഇസ്ലാം പറയുന്നു അങ്ങനെ ഊതി കഴിക്കരുത് അന്നീല്ലാൻ പാനീയത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ ഊതുന്നതിനെ പ്രവാചകൻ വിരോധിച്ചിരിക്കുന്നു ഇമാം ചെറുമതി റിപ്പോർട്ട് ചെയ്ത ഹരീസ അതേപോലെ തന്നെ അമിതമായി ഭക്ഷിക്കുന്നത് യാതൊരു രൂപത്തിൽ ലക്കും ലഗാനും എല്ലാം വാരിവലിച്ച് വയറുറി വയറിനെ പറ്റി യാതൊരു ചിന്തയും തന്റെ ആമാശയത്തിന് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറം തന്റെ വയറിന് ഉൾക്കൊള്ളാവുന്നതിലുമുള്ള അപ്പുറം കൂടുതൽ വാരിവലിച്ചു വിഴുകുന്ന പ്രകൃതത്തെ ഇസ്ലാം നിരോധിക്കുകയാണ് പരിശുദ്ധ കുറാൻ പറഞ്ഞു ജനങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോഴും പാനീയം കുടിക്കുമ്പോഴും നിങ്ങൾ ഒരിക്കലും അമിതത്വം കാണിക്കരുത് എന്തുകൊണ്ട് പടച്ചിടം പുരാൻ ഇങ്ങനെ അമിതത്വം കാണിക്കുന്നവരൊരിക്കലും ഇഷ്ടപ്പെടുന്നവനല്ല അത് ഇസ്ലാം ഈ വിഷയത്തിൽ ആരോഗ്യ മേഖലയിൽ കൂടി ശ്രദ്ധിച്ചതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിലെത്തി ഏറ്റവും ചീത്തയായത് അവന്റെ വയറ് തന്നെയാണ് മനുഷ്യന് ഒരു വേള ജീവിക്കുവാൻ വേണ്ട ഭക്ഷണങ്ങളെ ആവശ്യമുള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞു മൂന്നിലൊരു ഭാഗം ഭക്ഷണം മൂന്നിലൊരു ഭാഗം വെള്ളം മൂന്നിലൊരു ഭാഗം വായു സഞ്ചാരത്തിന് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് ഇത്രയൊന്നും ശ്രദ്ധിക്കാനാവില്ലെങ്കിലും പരമാവധി ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ നാലായിരത്തെങ്കിലും വെത്തിനീൽക്കുവാൻ ഭക്ഷണ കാര്യങ്ങളിലും മുസ്ലിമിയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടി തന്നെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ തന്നെ വയറിന്റെ രക്ഷയ്ക്ക് വേണ്ടി താന്റെ വയറാണ് താനാണിത് കൊണ്ട് കഷ്ടപ്പെടുക എന്നുള്ള മനുഷ്യൻ അത്തരത്തിലുള്ള അമിത നിന്നും അമിത നിന്നും വിട്ടുനിൽക്കണം എന്നതാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ വൃത്തിയുടെ കാര്യത്തിലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലുമൊക്കെ ഇസ്ലാം ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിയത് മനുഷ്യൻ അവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇനി നിങ്ങൾ നോക്കൂ നികൃഷ്ട ജന്തുക്കളോടുള്ള സഹവാസം ഇസ്ലാം നിരോധിക്കുകയുണ്ടായി നായ അതിന്റെ ഉമനീര് അതിന്റെ മോന്ത ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടാൽ അത് ഏഴ് പ്രാവശ്യം കഴുകണമെന്നും ഒരു പ്രാവശ്യം മണ്ണ് വെള്ളം ഉണ്ടായിരിക്കണമെന്നും ഇസ്ലാം പറഞ്ഞു ഈ കാലത്ത് പാശ്ചാത്യൻ സംസ്കാരത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ നായയുടെ സംസ്കാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പട്ടികളെ വളർത്തുമൃഗമായി കൊണ്ടു കടക്കുന്ന സമ്പ്രദായം അതേപോലെ തന്നെ ഒരു ഫാഷന് വേണ്ടി തൻ്റെ കാറിന്റെ മുൻസീറ്റിൽ തന്നെ തന്റെ പട്ടിക്കുഞ്ഞിനെ ഇരുത്തി ലാളിക്കുന്ന പാശ്ചാത്യൻ മദാമ്മമാരി ആ പട്ടിക്കുമ്മ കൊടുക്കുന്ന പട്ടിയുമായി തിന്നാരം പറയുന്ന പട്ടിയുമായി ചല്ലടിക്കുന്ന അതേപോലെ തന്നെ തൻ്റെയും കുഞ്ഞുങ്ങളുടെയും കൈകൾ നക്കിക്കുന്ന സമ്പ്രദായം പാശ്ചാത്യ ലോകത്തിൽ നിന്നൊരു ഫാഷനായിക്കൊണ്ട് വളർന്നുവരികയാണ് മുസ്ലിമങ്ങൾക്കും അതിനോടൊരു ഭ്രമം വന്നു തുടങ്ങിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് പല സ്ഥലങ്ങളിലും കാവലിന്റെ ആവശ്യത്തിനോ വേട്ടയുടെ ആവശ്യത്തിനോ അല്ലാതെ തന്നെ മനുഷ്യരെന്നൊരു ഭംഗിക്കും അലങ്കാരത്തിനും വേണ്ടി നായയെ വളർത്തും സമ്പ്രദായം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പല കാര്യങ്ങളെയും സൗകര്യപൂർവ്വം മറന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ നായ എന്ന അലങ്കാരവസ്തുവായി കൊണ്ടു നടക്കുന്ന മുസ്ലിംകൾക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ എതിർക്കേണ്ടതാണ് കാരണം ഇസ്ലാം ഒരു കാര്യം നിഷിദ്ധമാക്കിയെങ്കിൽ അതിൽ നിഷിദ്ധമാക്കുവാൻ വേണ്ട മേറ്റ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രവാചകൻ പരിചയപ്പെടുത്തിയത് നല്ല വസ്തുക്കളെല്ലാം ഈ സമൂഹത്തിന് അനുവദിക്കുകയും മായ വസ്തുക്കളെയെല്ലാം ഈ സമൂഹത്തിന് നിഷിദ്ധമാക്കുവാനുമാണ് പ്രവാചകൻ തിരുമേനി നിയോഗിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധക്കുറവ് നമ്മെ അറിയിക്കും പ്രവാചകൻ ഒരു കാര്യം നമ്മോട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തത്വങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ടാകാം അതുകൊണ്ട് അത്തരത്തിലുള്ള വൃത്തികെട്ട ജന്തുക്കളുമായുള്ള സഹവാസത്തിന് ഇസ്ലാം നിയന്ത്രണം ഏർപ്പെടുത്തി ഒന്നത് മറ്റൊന്ന് പന്നി പന്നി കാണാൻ തന്നെ വൃത്തിയില്ലാത്ത ആ പോലും ഒരാളോട് ദേഷ്യം പിടിച്ചാൽ പോടാ പന്നി എന്ന് പറയുന്ന സംസ്കാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്ര നികൃഷ്ടമായിട്ടാണ് മനുഷ്യനതിനെ കാണുന്നത് എന്ന് ആ പന്നി പന്നിയുടെ മാംസം ഇസ്ലാം കഴി ഇസ്ലാം നിരോധിച്ചു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വിശദമായി പലതും പറയാനാണ് അതെല്ലാം ശാസ്ത്രവും വൈദ്യശാസ്ത്രവും വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചതാണ് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല വൃത്തിയില്ലാത്ത ആ സാധനം അതിന്റെ മാംസം കഴിച്ചാൽ ശരീരത്തിലുണ്ടായേക്കാവുന്ന രോഗങ്ങളെ സംബന്ധിച്ച് വിഷഭുരന്മാര് ഡോക്ടർമാര് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ന് ചർച്ചാ വിഷയമായിട്ടുള്ള ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു നിർത്തിയ എന്ന് പറയുന്ന ആ കാലത്ത് ഏറ്റവും ചർച്ചയിൽ ഒന്നൊരു ഒത്തുവാണ് ജന്തുവാണി എലി എലിയെ സംബന്ധിച്ച് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുന്നു ഒരു എലിയെ കൊന്നാൽ പത്ത് രൂപ എന്ന് ഗവൺമെന്റിന് വാത്താൽ ഒരു എലിയെ കൊല്ലുന്നവർക്കുള്ള പ്രോത്സാഹനങ്ങൾ നൽകി നമ്മുടെ കേരളത്തിൽ അതേപോലെ തന്നെ ഇന്ത്യയിൽ എല്ലാ പഞ്ചായത്തുകളിലും എലി നശീകരണ വാരം അവരെല്ലാവരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപക്ഷെ അവരിനിയും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായ ബോധവൽക്കരണം നടന്നിട്ടില്ലാത്തൊരു കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ മുഹമ്മദ് മുസ്വ സാഹു അല്ലി സ്വലം പഠിപ്പിക്കുകയുണ്ടായി എലിയെ സംബന്ധിച്ച് ഇസ്ലാം നൽകി എന്താ പ്രവാചകൻ പറഞ്ഞത് ഒരു നാലഞ്ച് വസ്തുക്കൾ അവയെ നിങ്ങൾക്ക് പുറത്ത് വെച്ചും കൊല്ലാം ഖറമിൽ ഹെറമില്ലത്തൊരു വസ്തുവിനെയും കൊല്ലാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിയമം അജിനും ഉമ്രക്കും പോയിട്ടുള്ള ആളുകൾക്കറിയാം അജിന്റെയും ഉം കർമ്മങ്ങളിൽ ഹെറമില്ല ജന്തുവിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് അങ്ങനെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഇസ്ലാം ഹെറമിലായിരുന്നാലും പുറത്തായിരുന്നാലും എലിയലിങ്ങൾക്ക് കൊല്ലാവുന്നതാണ് എന്നാണ് പ്രഭാ ജഗൻ അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുള്ളത് ഈ സമൂഹത്തിൽ രോഗങ്ങൾ പരത്തുന്ന വിഷയത്തിലും മനുഷ്യരുടെ വസ്തുക്കളെ നശിപ്പിക്കുന്ന കാര്യത്തിലും ദ്രോഹം വരുത്തുന്ന വിഷയത്തിലും ആ ജന്തു ചെയ്യുന്ന ഉപദ്രവങ്ങളെ കണ്ടുകൊണ്ടായിരിക്കാം പ്രവാചകൻ അത് പറഞ്ഞത് ഹെറനിൽ വെച്ചായിരുന്നാലും പുറത്തുവെച്ചായിരുന്നാലും എലിയെ നിങ്ങൾക്ക് കൊല്ലാവുന്നതാണ് അവ ദ്രോഹമുണ്ടാക്കുന്ന ജന്തുവാണ് ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയില്ല അന്തരം വേദികളിൽ മനുഷ്യൻ ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു നരി പറഞ്ഞു രോഗം പിടിച്ച ഒട്ടകമുള്ള ഉടമസ്ഥനോട് ഞെരി പറഞ്ഞു നിന്റെ രോഗിയായ ഒട്ടകത്തെ രോഗമില്ലാത്ത ഒട്ടകങ്ങളുടെ കൂടെ കൊണ്ടുപോയി നിർത്തരുത് പകരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇസ്ലാം നൽകി മിണ്ടാപ്രാണികളിൽ ജന്തുക്കളിൽ ഇത് പകരാമെങ്കിൽ മനുഷ്യരിലും പകരാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് പ്ലേഗിനെ സംബന്ധിച്ച് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ആ കാലത്ത് തന്നെ മുന്നറിയിപ്പ് നൽകി അറുവിൻ وإذا وقع بأرضٍ ولستم بها فلا تخرجوا عليها امام ترمذي റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരുപക്ഷേ നിങ്ങൾ ഈ സാന്ദ്രികമായി പലരിൽ നിന്നും കേട്ടതുണ്ടാകാൻ പ്രവാചകൻ പറയുന്നു ഒരു നാട്ടിൽ പ്ലേഗ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ നാട്ടിലാണെങ്കിൽ ഫല തഹറുജു മിൻഹ ആ നാട്ടിൽ നിന്ന് നിങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് പോവരുത് വൈദാ വഖഅ ബി അർദിൻ വലസ്തം ബിഹാ നിങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യത്താണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തല്ലാത്ത മറ്റൊരു രാജ്യത്താണ് പ്ലേഗ് കണ്ടതെങ്കിൽ പല തഹിത്തു അലയ്യ ആ നാട്ടിലേക്ക് നിങ്ങൾ അങ്ങോട്ടും യാത്ര ചെയ്യാൻ പോകേണ്ടതില്ല നോക്കൂ നിങ്ങൾ ഇഫലാം പകർച്ചവ്യാധികളിൽ നിന്നുള്ള നിയന്ത്രണം മനുഷ്യനെ ആദ്യകാലത്ത് പഠിപ്പിച്ചു എന്നർത്ഥം മനുഷ്യനെ ഒരു ഭാഗത്ത് പ്രത്യേകം സെല്ലുകളിൽ അതേപോലെ തന്നെ ആസ്പത്രികളിൽ പ്രത്യേകം വാർഡുകളിലൊക്കെ കിടത്തി പരിശീലിപ്പിക്കുന്നതിൽ ഇസ്ലാം ആദ്യകാലത്ത് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ എല്ലാം ശ്രദ്ധിക്കാനും വൃത്തിയുടെയും അതേപോലെ തന്നെ പരസ്പരമുള്ള ഇടപഴക്കത്തിന്റെയും സഹവാസത്തിന്റെയും ഒക്കെ മേഖലയിൽ വളരെ സുഖാനം പഠിപ്പിച്ച ഇസ്ലാം ഇങ്ങനെയൊക്കെ ആയിരുന്നാലും രോഗം വരില്ല എന്നാർക്കും ഗ്യാരണ്ടി ഒന്നും കൊടുത്തിട്ടില്ല രോഗം മനുഷ്യ സഹജമാണ് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും രോഗം വന്നേക്കും ഒരു പരീക്ഷണമാണ് രോഗം قدكرم يران بارనితుండి వల నబలు వనకుం బిషయిన్ మినల్ ఖౌఫి వల్ జౌయి వనక్సి మినల్ లంవాలి వల్ లంకుసి వస్తమరాత్ వబషీరిత్ సాబిరిన్ అల్లజీన ఇజా సాబతుల్ ముసీబతుం కాలు ఇన్నాలillahి వఇన్నాయిలైహి రాజిఉన్ ఉలాఇకాలిహిన్ సలావాతు మిర్ రబ్బిహిం వరహ్మతుం వఉలాఇకహుమ్ల్ ముక్తదున్ వల నబలు వనకుం నిస్సాయమా ఇంగ్లాన్ పరిషికు దన్న చేయి ശാരീരികമായി ഉണ്ടാകുന്ന ന്യൂനതകളിലൂടെയും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും അത് മരണമുഖേനയാവാം ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിലൂടെയാവാം ഏത് വിധത്തിലായിരുന്നാലും ഒരു പരീക്ഷണമായി മനുഷ്യരിൽ രോഗങ്ങൾ അങ്ങനെ ഒരു മനുഷ്യൻ രോഗബാധിതനായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള നിയമങ്ങൾ കാത്തുകഴിഞ്ഞാലും പഠിച്ചം പുരാന് ഉദ്ദേശിക്കുന്നവരിൽ എത്ര തന്നെയായിരുന്നാലും രോഗങ്ങൾ ഉണ്ടാകും രോഗമുണ്ടായി കഴിഞ്ഞാൽ മനുഷ്യനോട് ഇസ്ലാം പറയുന്നത് അള്ളാന്റെ കഥ ആണെന്ന് പറഞ്ഞ് വീടടുത്തൊരു ഭാഗത്തിരിക്കാനല്ല എനിക്ക് അസുഖമുണ്ടായി അത് പഠിച്ചവൻ പോരാൻ തീരുമാനിച്ചില്ല അനി പഠിച്ചവും തന്നതല്ലേ പഠിച്ചവും തന്നെ മാറ്റട്ടെ ഒന്നും ചെയ്യേണ്ടതില്ല ഞാനൊന്നും ചെയ്തിട്ടല്ലോ അസുഖം വന്നത് അപ്പൊ പിന്നെ അസുഖം പോകാനും ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് വിചാരിച്ചിങ്ങനെ തവക്കിലാക്കി വീടടച്ചൊരു ഭാഗത്ത് അങ്ങനെ ഇരിക്കാനല്ല ഇസ്ലാമിനോട് പറയുന്നത് നേരെ മറിച്ച് പഠസുഖം പുരാൻ പറയും സദാവു ചികിത്സിക്കുവീൻ നിങ്ങൾ ചികിത്സിക്കുക കാരണം അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ലാഹു ഇറക്കിയിട്ടുണ്ട് രോഗം പടച്ചവൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ഔഷധവും അള്ളാഹു താലൻ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക പറഞ്ഞു രോഗത്തെയും ശമനം ഇറക്കിയിട്ടില്ലാതെ അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ലായ അവ നമുക്ക് സംശയം ഇന്നത്തെ കാലത്ത് എത്രയോ മരുന്നില്ലാത്ത രോഗങ്ങളില്ലേ ആധുനിക മനുഷ്യ മനസ്സിന് സ്വസ്ഥത ഏറ്റവും ക്രൂരമായ മാറാവ്യാധികൾ ഇന്ന് ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എയ്ഡ്സും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല രൂപത്തിലുള്ള അസുഖങ്ങളുമൊക്കെ ക്യാൻസർ ഇന്നും ചികിത്സയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രോഗമാണ് അവ എങ്ങനെ പ്രവാചകന്റെ ഹജീസ് ശരിയാവുമെന്ന് നമുക്ക് സംശയം ഉണ്ടാവും ഏത് രോഗത്തിനും മരുന്നുണ്ട് എന്നാഹ് പറയുന്നു നമ്മൾക്ക് ചില രോഗങ്ങൾക്ക് മരുന്ന് ഇല്ല എന്നും പറയുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അള്ളാഹു താല ഏത് രോഗം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അവൻ ഔഷധവും ഇറക്കിയിട്ടുണ്ട് മനുഷ്യന്റെ കഴിവ് ഇവിടെ പ്രശ്നം ചില രോഗങ്ങൾക്ക് ഏതൊക്കെ ഔഷധങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യന് സാധിച്ചില്ല എന്നേ ഉള്ളൂ ഔഷധമില്ലാത്തത് മനുഷ്യബുദ്ധി അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നർത്ഥം പഴയ കാലത്ത് ചികിത്സയില്ല എന്ന് വിചാരിച്ചിരുന്ന ഔഷധമില്ല എന്ന് തള്ളിയിരുന്ന ഒരുപാട് രോഗങ്ങൾക്ക് ഇന്ന് ഡോക്ടർമാര് മരുന്നുകളും അതേപോലെ തന്നെ ചികിത്സകളും നിശ്ചയിച്ച് വിജയപ്രദമായി തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ കാലത്തെ ബുദ്ധിക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇന്നത്തെ ബുദ്ധിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നർത്ഥം അതേപോലെ തന്നെ ഇന്ന് ചികിത്സയില്ല എന്ന് പറഞ്ഞ് ഈ അള്ളാഹു എല്ലാത്തിനും ചികിത്സ നിശ്ചയിച്ചുണ്ട് മനുഷ്യന്റെ ബുദ്ധിയുടെ കഴിവുകേട് കൊണ്ടൊരു പക്ഷേ ഇന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ നാളെ അത് കണ്ടുപിടിച്ചേക്ക് പ്രവാചകൻ പറഞ്ഞു എല്ലാ അസുഖത്തിനും മരുന്നുണ്ട് രോഗത്തിനുള്ള ശരിയായ മരുന്ന് കണ്ടുപിടിച്ച് അതുകൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആ രോഗം ഷിഫയാകും ശമനപ്പെടുമെന്ന് പ്രവാചകൻ അറിയിക്കുകയാണ് ചികിത്സിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞു അസുഖമായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചികിത്സിക്കണം ചികിത്സിക്കുന്നവരോടൊപ്പം കൊണ്ട് ചികിത്സിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല എന്ന് മനസ്സിലാക്കാം പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടില്ല നിങ്ങളുടെ മേൽമായ വസ്തുക്കളിൽ നിന്ന് അള്ളാഹു നമുക്ക് ഹറാമായ സാധനങ്ങൾ കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് ഹരാമാക്കിയ വസ്തുക്കളിൽ ഔഷധമില്ല എന്നുള്ളതാണ് ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ചികിത്സിക്കുമ്പോൾ ഹലാലായ വസ്തുക്കളിലൂടെ ഇസ്ലാം കാണിച്ചിരുന്ന ലൈനിലൂടെ ഒതുങ്ങി നിന്നു കൊണ്ടുള്ള ആയിരിക്കണം ഒരു മുസ്ലിം ചെയ്യേണ്ടത് ചികിത്സിക്കാരിയ്ക്കുന്ന പല ആളുകളും പല മതക്കാരെയും ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ക്രൈസ്തവ വർഗത്തിൽ ഒരീ ഭാഗം ഇന്നും രോഗമായാൽ ചികിത്സിക്കാറില്ലത്രേ അവര് പറയുന്നത് ദൈവം തന്നതാണ് കർത്താവ് തന്നതാണ് നമ്മളൊന്നും ചെയ്തിട്ടല്ല തന്നത് അപ്പൊ ഇനി കർത്താവ് തന്നെ ഒഴിവാക്കട്ടെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ലായ്മ ഇങ്ങനെ ഈ തവപ്പിലാക്കിയിരിക്കുന്ന സമ്പ്രദായം ഇസ്ലാമിനില്ല ചികിത്സിക്കണം ചികിത്സ ഹലാലായ മാർഗത്തിലായിരിക്കണം എന്നാൽ മനുഷ്യന് ചൂഷണം ചെയ്യുന്ന ചില ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഈ സമൂഹത്തിലുണ്ട് ഹോമം എന്നും ഉറുക്കിയെന്നും ഐക്കല്ലിയൊന്നും മശിനോട്ടം എന്നും ഒക്കെ പല പേരുകളിൽ ചില ചികിത്സാരീതികളും സമ്പ്രദായങ്ങളും നാട്ടിലും മറുനാട്ടിലും ഇന്നും പ്രചാരത്തിലുണ്ട് അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകണം ഇസ്ലാം പറയുന്നത് മനുഷ്യന്റെ ചികിത്സത്തിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം മരുന്ന് കഴിക്കുന്നതോടൊപ്പം പ്രാർത്ഥന കൂടി ആവശ്യമാണ് എന്നാണ് അത് ചികിത്സയുടെ മാത്രം വിഷയമല്ല ഇസ്ലാമിൽ ഏത് കാര്യത്തിനും വെറും ചികിത്സ മാത്രമോ വെറും പ്രവർത്തനം കൊണ്ടോ രക്ഷയില്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവർത്തനത്തോടൊപ്പം പ്രാർത്ഥനയും ആവശ്യമാണ് എന്നാണ് അത് ചികിത്സയുടെ വിഷയത്തിലുമുണ്ട് വെറും ചികിത്സ കൊണ്ട് മാത്രം നമുക്ക് മോചനമുണ്ടാകില്ല പഠിച്ചം പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നു രോഗിയിലടുക്കൽ പോയാൽ ഏതൊക്കെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണമെന്ന് രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള മര്യാദകളെപ്പറ്റി പറയുന്ന ദിവസം നിങ്ങളെ കേൾപ്പിക്കുന്നതാണ് ഇന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല പ്രവാചകൻ പറഞ്ഞു ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് മന്ത്രവാദം വാദം പിടിച്ച മന്ത്രം ഇസ്ലാമിടില്ല ഇസ്ലാമിൽ വാദം പിടിക്കാത്ത നല്ല മന്ത്രേ ഉള്ളൂ അതെന്താണ് ചിർക്കു കലരാത്ത മന്ത്രം നബിസല്ലാഹു അലൈസം പറഞ്ഞു എഴുതി കെട്ടുന്ന സമ്പ്രദായം രോഗശമനത്തിന് വേണ്ടി എഴുതി കെട്ടുന്ന ഐക്കൽ എഴുതി കെട്ടുന്ന സമ്പ്രദായം അത് ചിർക്കാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു ഇന്നും പല ആൾക്കാരുടെയും അരയിൽ തപ്പി നോക്കിയാൽ കാണാൻ സാധിക്കും ഐക്കല്ലിന്റെ കൂട് നമ്മുടെ നാട്ടിൽ പോയാൽ കാര്യമായിട്ട് ആൾക്കാർക്ക് പണി എന്താണ് ചെമ്പിന്റെയോ അല്ലെങ്കിൽ ഈയത്തിന്റെയോ എന്തെങ്കിലും ഇതൊരു കൂടുണ്ടാകാം ആ കൂട്ടിൽ ആരെങ്കിലും എഴുതി കൊടുത്ത നാല് കള്ളി വരച്ച് അതിൽ ചില അക്കങ്ങളും അക്ഷരങ്ങളും ഒക്കെ വരച്ചിട്ടുണ്ടാകും അത് ചുരുട്ടി ഉണ്ടാക്കി ഐക്കല്ലാക്കി അരയിലും അതേപോലെ തന്നെ കൈത്തണ്ടയിലും തോൽകൈയിലും കഴുത്തിലുമൊക്കെ കെട്ടിത്തൂക്കുന്ന സമ്പ്രദായം സമൂഹത്തിൽ നിന്നും നിലനിൽക്കുകയാണ് കരടിയുടെ രോമം നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഒരു അന്ധവിശ്വാസമാണ് കരടി എന്ന് പറയുന്ന പാവം ജന്തു ആ ജന്തുവിനെ കൊണ്ട് മന്ത്രിപ്പിക്കുന്ന ഐക്കല്ല് കരടിയുടെ രോമം എടുത്ത് പിരിച്ചുണ്ടാക്കി അതൊരു ഐക്കല്ലാക്കിയിരിക്കുകയാണ് എന്നിട്ട് കരടിയെ പിന്നിലെന്നൊരു കുത്തുമ്പോൾ കരടി ഇങ്ങനെ വായ തുറക്കും അപ്പൊ കരടി പൂജനാണ് എന്നിട്ട് കരടി ഉണ്ടാക്കിയ ഐക്കല്ല് എന്നും പറഞ്ഞ് ഇരണ്ട് രൂപക്കും ആറ് രൂപക്കും പത്ത് രൂപക്കൊക്കെ മനുഷ്യന്റെ ഈ ചൂഷണം ചെയ്യുന്ന ആളുകൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വിൽക്കപ്പെടുന്ന ഐക്കല്ലുകളുണ്ട് ഏറുവാടിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന പ്രത്യേക ഐക്കല്ലുകളുണ്ട് അജ്മീറിൽ നിന്ന് വിതരണം നടത്തുന്ന പ്രത്യേക ഐക്കല്ലുകളുണ്ട് അനസുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ എന്നാണ് ഏറുവാടിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഐക്കല്ലൊരുക്ക് പൊളിച്ചു നോക്കിയപ്പോൾ ഉള്ളില് കണ്ടത് ഏർപാടിയിൽ നിന്ന് വിതരണം നടത്തുന്ന ഐക്കല്ല് പൊളിച്ചു നോക്കിയപ്പോളിക്കാൻ ആർക്കും തൈര് ഉണ്ടാവില്ല അത്രയല്ലോ നമ്മളെ ഈ പൊളിച്ചു നോക്കുമ്പോ അന സുൽത്താൻ ഇബ്രാഹിം ബാദിഷ ഞാൻ സുൽത്താൻ ഇബ്രാഹിം ബാദിഷയാകും ആ പേരെഴുതിക്കെട്ടിയാൽ തന്നെ ഒരാപത്തും ഒരു രോഗവും അസുഖമൊന്നും വരില്ല എന്നാണ് മനുഷ്യന്റെ വിശ്വാസം ഇസ്ലാം പറഞ്ഞു ഈ ധാരണയോടുകൂടെ ആരെങ്കിലും എഴുതിക്കെട്ടിയാൽ പക്കത് അത്രക്ക അവൻ ചെർക്കാണ് ചെയ്യുന്നത് ഒരിക്കൽ إمران بن حسين رضي الله صلى الله عليه وسلم أن النبي صلى الله عليه وسلم رأى رجولا في يده حلقت من صفر نبي صلى الله عليه وسلم وراء ورشن وراء وراء وراء وراء وراء وراء وراء فقال ابن نبي يوضي ما هذا يدن دا يوش قال آيال ورن من الواحي نسل اندى شرير تلسل ضربة لدغل انداغارن എനിക്ക് ചില വിഷമങ്ങൾ ഉണ്ടാകാറുണ്ട് അതില്ലാതിരിക്കാനാണ് ഞാൻ ഈ വള ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് സ്വകാലാ പറഞ്ഞത് എടുത്ത് നീക്കട അത് അത് ധരിക്കുന്നിടത്തോളം നിനക്ക് ദുർബലതയല്ലാതെ ദൗർബല്യമല്ലാതെ അത് വർദ്ധിപ്പിക്കുകയില്ല മാത്രമല്ല നീ ആ വളയം നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കണപ്പെട്ടാൽ നീ ഒരിക്കലും വിജയിക്കുന്ന മരണമല്ല മരിക്കുക നിന്റെ മരണം വളരെ മോശമായ രൂപത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി കണിച്ചതയുണ്ടായിരുന്നു അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഉറുക്കുകളും വൈക്കല്ലുകളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നൂലുകൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കർശനമായി തന്നെ അവർ എതിർക്കാറുണ്ടായിരുന്നു റബിള്ളാഹുലാൻ റിപ്പോർട്ട് ചെയ്ത ഹദീഫ് അതായത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തഹാല ന്റെ ഭാര്യയുടെ പേരായിരുന്നു സൈനബ അവര് പറയുന്നു ഒരിക്കൽ ഇന്നി അബ്ദുല്ലാ എൻ്റെ ഭർത്താവ് അബ്ദുല്ലാ റഅഫിയുനുഖി ഹൈതൻ എൻ്റെ കഴുത്തിൽ ഒരു നൂല് കണ്ടു ഒരിക്ക അബ്ദുല്ലാ കാരി വന്നപ്പോൾ എൻ്റെ കഴുത്തിൽ ഞാൻ ഒരു നൂല് தரிച്ചിരുന്നത് കണ്ടു അവനെ ഫഖാല അബ്ദുല്ലാ ചോദിച്ചു എന്നോട് മാഹാഗ എന്താണ് ഇത് എന്ന് ചോദിച്ചു ഉൽതു ഞാൻ പറഞ്ഞു ഹൈതൻ റുഖിയലി ഫീഹി എനിക്ക് മന്ത്രിച്ചു തന്നൊരു നൂലാണിത് അതാണ് ഞാൻ കെട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നു ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന ആ നൂല് പിടിച്ച് പൊട്ടിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു അൻതും അബ്ദുള്ളയുടെ കുടുംബം പടച്ചു തമ്പുരാനിൽ ചുരുക്കുവെക്കുന്നതിൽ നിന്ന് മോക്ഷം നേടേണ്ടവരാണ് അവർക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരുടെ കഴുത്തിൽ നിന്ന് ആ നൂല് പറിച്ചെറിഞ്ഞു എന്ന് ഹദീഷിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു നോക്കൂ നിങ്ങൾ ഇത്രയൊക്കെ ഈ വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ സഹാപത്തിന് നിഷ്ഠയുണ്ടായിരുന്നു ഇസ്ലാം പഠിപ്പിക്കുന്ന മന്ത്രങ്ങൾ അതിൽ ചിർക്കുകലരാത്തതാണ് മറ്റൊരാളുടെ പേരഴുതിക്കെട്ടുന്ന സമ്പ്രദായമല്ല അള്ളാഹുവിനോടുള്ള തേട്ടം പടത്തവനെൻ്റെ രോഗം സുഖപ്പെടുത്തേണമേ എന്നുള്ള പ്രാർത്ഥന അതാണ് രോഗികൾക്ക് വേണ്ടിയുള്ള ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മന്ത്രം പരിശുദ്ധ കുറുകാൻ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് രോഗശമനത്തിന് വേണ്ടി സൂറത്തിൽ ഫാത്യഹ പാരണം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാവുന്നതാണ് സൂറത്ത് പാരായണം ചെയ്യാവുന്നതാണ് എന്നാൽ ജീസേഖിന്റെ പേര ഇരിക്കെട്ടിയതും ബദിരീങ്ങളുടെ പേര ഇരിക്കെട്ടിയതും അതേപോലെ തന്നെ അജ്മീർ ഹാജിയുടെയും ഇബ്രാഹിം ബാദിസിയുടെയും പേര ഇരിക്കെട്ടിയതും ഒക്കെ ധരിച്ചുകൊണ്ട് തന്റെ പനിയും അതേപോലെ തന്നെ അപസ്മാരവും പോലെയുള്ള എല്ലാ അസുഖങ്ങളും എല്ലാ ശൈതാനീയത്തും ഇതുകൊണ്ട് മാറുമെന്ന് വിശ്വസിച്ചാൽ അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ശരിയായ ചികിത്സാ സമ്പ്രദായമല്ല ചികിത്സിക്കുമ്പോൾ ഹലാൽ മാത്രമേ ചികിത്സിക്കാവൂ അതിന് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ലൈനിലൂടെ തന്നെ നമ്മൾ ചികിത്സിക്കണം അതല്ലെങ്കിൽ ഒരുപക്ഷെ പല ആളുകൾക്കും പലതും പറയാറുണ്ടാവും അത് കെട്ടിയിട്ടും രോഗം മാറിയല്ലോ അല്ലെങ്കിൽ ഇന്ന ഭാഗത്തേക്ക് പോയിട്ടും രോഗം മാറിയല്ലോ അല്ലെങ്കിൽ ഗുരുവായൂരിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് ഭത്മം കഴിച്ചിട്ട് അസുഖം മാറിയല്ലോ അസുഖം മാറിയോ മാറിയിട്ടില്ലേ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മനുഷ്യൻക്ക് വിരുദ്ധമാകുന്ന പ്രവാചകൻ പഠിപ്പിക്കുന്ന ധീരു ഇസ്ലാമിന്റെ മഹിത തത്വങ്ങൾക്ക് എതിരാകുന്ന ഒരു ചികിത്സാ ഒരു സമ്പ്രദായത്തോടും ഒരിക്കലും കൂട്ടുന്നു കൂടാണ് നമ്മുടെ നാട്ടിൽ കണ്ണിനസുഖം ബാധിച്ചാൽ വെള്ളിക്കണ്ണ് നടത്തിയാക്കുന്ന ആളുകളുണ്ട് കണ്ണു രോഗം പിടിച്ചാൽ നാഗൂരിലേക്കും ഏറുപാടിയിലേക്കും വെള്ളിക്കണ്ണ് നിർത്തിയാക്കും കാലിന് അസുഖം ബാധിച്ചാൽ വെള്ളിക്കാല് നിർത്തിയാക്കും നമ്മുടെ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾ പറയുന്ന നാളുകൾ ചെയ്യുന്നതാണ് കുട്ടിക്ക് കണ്ണിനസുഖം പിടിച്ചാൽ വെള്ളിക്കണ്ണ് മൂക്കിനസുഖം പിടിച്ചാൽ വെള്ളി മൂക്കും കഴിവുള്ളവരാണെങ്കിൽ സ്വർണത്തിന്റെ തന്നെ മൂക്കും കാലാണെങ്കിൽ വെള്ളിക്കാല് കയ്യാണെങ്കിൽ വെള്ളിക്കൈ ഏത് അവയവത്തിനാണ് അസുഖം പിടിച്ചതെങ്കിൽ അതിന്റെ രൂപത്തിൽ വസ്തുക്കൾ ലോഹങ്ങൾ കൊണ്ടുള്ള വസ്തുക്കൾ മക്കുബറകളിലേക്കും ദുർഗകളിലേക്കും നേർച്ചകൾ നേർന്നുകൊണ്ട് രോഗശമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഖേദകരമായ അവസ്ഥ മുസ്ലിം കേരളത്തിൽ നിന്നും നിലനിൽക്കുന്നു ഇന്ത്യയുടെ ഇതഭാഗങ്ങളിൽ നിലനിൽക്കുന്നു ഈ ഒരവസ്ഥക്ക് വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങൾ അറിവ് വരുത്തണം അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കണം ചികിത്സ എങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായ രൂപത്തിൽ അവർ നിർവഹിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട് ഇങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ വരാതിരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എടുക്കുന്നതോടൊപ്പം ഇസ്ലാം രോഗം വന്നുകഴിഞ്ഞാൽ ചികിത്സിക്കാനും അത് ഹരാലായ മാർഗ്ഗത്തിലൂടെയാകുവാനും ഹരാമുകൊണ്ട് ചെയ്യാതിരിക്കുവാനും കൽപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ആ വിഷയത്തിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റനേകം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനാണ് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് കാലയെ ഏൽപ്പിക്കാവുന്നതാണ് അങ്ങനെ ഈ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി വെറും ധാരണകളും അനാചാരങ്ങളിൽ നിന്ന് മാറി ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി ശരിയായ വിശ്വാസങ്ങളും ആക്കി നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് സർവശക്തനായ തമ്പുരാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും ശരിയായ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും കർമ്മങ്ങളുടെയും പിന്നാലെ പോകുന്ന ഭക്തജനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുല്ലാ റബ്ബുലീ അസ്സാലും